ദൈവനാമത്തിന് മഹത്വം പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചയും നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കാൻ ഒരവസരം ദൈവം ദാനം ചെയ്തല്ലോ നമുക്ക് നന്ദിയുള്ളവരായിട്ടായിരിക്കാം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യത്തിൻ്റെ ഭാഗം വായിക്കുന്നു നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ വാക്യം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം ഏഴാം വാക്യം നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ െ വിളിക്കുന്നു നിൻ്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു നമ്മൾ ഇംഗ്ലീഷിലത് വായിക്കുന്നത് ഡീപ് കോള ഡീപ് ഇംഗ്ലീഷിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു എന്നാണ് മലയാളത്തെ നമ്മൾ വായിക്കുമ്പോൾ ആഴി സമുദ്രം സമുദ്രത്തെ വിളിക്കുന്നു അത് ശരിയാണ് അപ്പോൾ തന്നെ ഇംഗ്ലീഷിലത് പറയുന്നത് ആഴം ആഴം എന്തിൻ്റെ ആഴമാണ് മറ്റൊരാഴത്തെ വിളിക്കുന്നത് ഒരാഴം മറ്റൊരാഴത്തെ വിളിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നു എന്താണ് നമുക്കറിയാൻ കഴിയുന്ന ആഴമുള്ള ഒരു കാര്യം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മ ദൈവ സ്നേഹത്തെക്കുറിച്ച് എഫ് വാക്യത്തിലേക്ക് പോകും എഫ് എ സിർ കെഴുതിയ ലേഖനം അതിൻ്റെ മുതൽ പത്തൊൻപത് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ നിങ്ങൾ ദൈവസ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുക എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ദൈവസ്നേഹത്തിന് നീളവും ഉയരവും വീതിയും ആഴവും ഉണ്ട് നമ്മളൊരു നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ വലിയവനായ ദൈവം അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവിടുന്ന് സ്വർഗം വിട്ട് താണിറങ്ങി വന്നു താണിറങ്ങി വന്നു ഒരു മാതാവിൻ്റെ കയ്യിൽ നിന്ന് താനെ നടന്നു പോകുമ്പോൾ ഒരു കൊക്കയുടെ സമീപത്തൂടെ പോകുമ്പോൾ കൈവിട്ട് കുഞ്ഞ് താഴെപ്പോയി ആ മാതാവിൻ്റെയും ആരും വിളിച്ചാൽ നിലവിളിച്ചാൽ ആരും കേൾക്കാനായിട്ടില്ല വിജനമായ സ്ഥലമാണ് ആ മാതാവ് ആ പരിഭ്രാന്തിയിൽ എങ്ങനെയൊക്കെയോ കമ്പുകളിലോ ഒക്കെ പിടിച്ച് താണ ആ കുഴിയിലേക്ക് ഇറങ്ങി കുഞ്ഞിനെ കയ്യിൽന്തുന്നത് പോലെ അതിനെ രക്ഷിക്കുന്നത് പോലെ വലിയവനായ ദൈവം ക്രൂശോളം താണുവന്നാണ് നമ്മളെ സ്വീകരിച്ചത് നമ്മൾ ദൈവസ്നേഹത്തെക്കുറിച്ച് പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ അതിൻ്റെ അകത്തെ ഒരു സ്റ്റാൻസ ഇങ്ങനെയാണ് പാവക്കുഴിയിലാണ്ടുപോയ നരനു മോചനം പ്രാപിപ്പതിനു നിന്റെ ആഴമാണ് കാരണം പാവക്കുഴിയിലാണ്ടുപോയ നരനു മോചനമായിട്ട് മോചനം പ്രാപിപ്പാൻ നിൻ്റെ ആഴം എന്തിൻ്റെ ആഴം സ്നേഹത്തിൻ്റെ ആഴം ദൈവം നമ്മെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ആഴമുണ്ട് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം ആഴം എന്തു ചെയ്യും ആഴത്തെ വിളിക്കും ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മിൽ നിന്ന് ദൈവത്തോടുള്ള ഒരു ആഴമേറിയ സ്നേഹത്തെ ഉണർത്തും സ്നേഹം എപ്പോഴും അങ്ങനെയാണല്ലോ സ്നേഹം ഒരു വൺ വേ ട്രാഫിക് അല്ല നമ്മളൊരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹം ആ മനസ്സിലായാൽ അത് ആ ആളിൽ ഒരു പ്രതികരണം ആ ആൾ തിരിച്ച് സ്നേഹിക്കും സ്നേഹമെന്ന് പറയുന്നത് അല്ലാതെ ഏകപക്ഷീയമായ ഒരു കാര്യമായി നിൽക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മെ സ്നേഹിച്ചു ആഴം ദൈവസ്നേഹത്തിൻ്റെ ആഴം നമ്മെ തേടി വരാൻ കാരണം ആ സ്നേഹത്തിൻ്റെ ആഴമാണ് ക്രൂശോളം താണു വന്ന് ആഴത്തിൽ വന്ന് നമ്മളെ സ്നേഹിച്ചു ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മളറിഞ്ഞാൽ നമ്മിൽ നിന്നും തിരിച്ച് ദൈവത്തിനായിട്ട് ഒരു സ്നേഹത്തിനെ അത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് അങ്ങനെ ഒരു പ്രതികരണം അത് ഉണർത്തും അതാണ് ആഴം ആഴത്തെ വിളിക്കുന്നു ആഴം ഡീപ് കോള് ദീപ് ദൈവം നമുക്ക് നമുക്കറിയാം ഒന്ന് യോഹന്നാൻ നാലാമധ്യായം അതിന്റെ എട്ടും പതിനാറും വാക്യങ്ങൾ പറയുന്നത് ദൈവം സ്നേഹമാണെന്ന് തന്നെ എന്ന് വെച്ചാൽ ദൈവത്തിൽ സ്നേഹമുണ്ടെന്നല്ല തമ്മിലൊരു വ്യത്യാസമുണ്ട് ദൈവത്തിൽ സ്നേഹമുണ്ടെന്ന് പറയുന്നതും ദൈവം സ്നേഹമാണെന്നും പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട് സ്നേഹമില്ലാതെ ദൈവത്തിനൊരു അസ്തിത്വമില്ല സ്നേഹത്തിന്റെ ആകെത്തുകയാണ് ദൈവം അതുകൊണ്ടാണ് സ്നേഹത്തിന്റെ അപ്പോസിൽ യോഹന്നാൻ ഒന്ന് യോഹന്നാൻ നാലിൻ്റെ എട്ടിലും പതിനാറിലും ഒക്കെ ആവർത്തിച്ച് ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നത് യോഹന്നാൻ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിന്തിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആഴം ആഴത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എവിടെ നിന്നാണ് ആ സ്നേഹം ഉത്ഭവിച്ചതെന്നും തന്നെ പറയുന്നുണ്ട് ഒന്ന് യോഹന്നാൻ നാലാമദ്ധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യവും പത്തൊൻപതാമത്തെ വാക്യവും നോക്കുക രണ്ടടത്തും നമ്മൾ കാണുന്നത് ദൈവം സ്നേഹമാണ് അതുപോലെ തന്നെ ദൈവമാണ് ഒന്നാമത് നമ്മെ സ്നേഹിച്ചത് ആ സ്നേഹത്തിൻ്റെ ആഴം ദൈവത്തിലാണ് തുടങ്ങിയത് ദൈവം ഒന്നാമത് നമ്മെ സ്നേഹിച്ചു ആ ഒന്നാമത് ദൈവം നമ്മെ സ്നേഹിച്ചെങ്കിൽ ആ ആഴം നമ്മളെ വിളിക്കുമ്പോൾ അത് നമ്മിൽ നിന്നും ഒരു സ്നേഹത്തിൻ്റെ പ്രതികരണം മറിച്ചൊരു ഡപ്ത്ത് സ്നേഹത്തിൻ്റെ ഒരു ആഴം നമ്മിൽ നിന്നും ഉണ്ടാകണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് കടന്നു പോകുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ഭവനങ്ങളിലൊറ്റയ്ക്കായിരിക്കുന്നു പൊതു ആളുകളുമായിട്ട് ബന്ധങ്ങൾ കുറവാണ് പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നില്ല അങ്ങനെ തനിയെ ആയിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മിലും ദൈവത്തോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കും അത് നമുക്ക് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും വായിച്ചുവിടുന്ന ഒരു വാക്യമാണ് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത് ഉപകാരങ്ങൾ ഈ ദിവസങ്ങളിൽ തനിയെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എന്തെല്ലാം ഉപകാരങ്ങൾ നമുക്ക് ഓർക്കാനായിട്ടുണ്ട് ആ ഉപകാരങ്ങൾ ഓർക്കുമ്പം ആ ഉപകാരങ്ങളുടെ പിന്നിൽ ഉള്ളത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ സ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മളറിയണം ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെ നമ്മളറിയുമ്പോൾ ആ ആഴം എന്ത് വേണം നമ്മിലും ദൈവത്തോടൊരു സ്നേഹത്തെ ഉണർത്തണം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ദൈവഭയവും ഭയം ആണ് വേണ്ടത് ദൈവഭയം ദൈവസ്നേഹം ഇത് തമ്മില് എങ്ങനെയാന്ന് പലർക്കും വ്യക്തതയില്ല ഭയം ഉള്ളിടത്ത് സ്നേഹമില്ലല്ലോ സ്നേഹം ഉള്ളിടത്ത് ഭയമില്ലല്ലോ നമ്മൾ ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കണം ദൈവത്തെ ഭയപ്പെടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭയമുള്ളടത്ത് എങ്ങനെയാ സ്നേഹം ഉണ്ടാകുന്നത് എന്ന് തന്നെ ഇല്ല ഒന്ന് യോഹനാല് നാലിൻ്റെ നമ്മൾ വായിക്കാറുള്ള നമുക്കറിയാവുന്ന വാക്യം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു അപ്പോൾ സ്നേഹം ഉള്ളിടത്ത് ഭയമില്ല ഭയമുള്ളടത്ത് സ്നേഹവുമില്ല അപ്പം ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുന്നു ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നു ഒന്ന് കോരിന്തീർ പതിനാറിൻ്റെ ഇരുപത്തിരണ്ടിൽ ദൈവത്തെ സ്നേഹിക്കാത്തവൻ ശവിക്കപ്പെട്ടവൻ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറയുന്നു ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുന്നു ദൈവത്തെ സ്നേഹിക്കണമെന്നും പറയുന്നു എന്നാൽ സ്നേഹമുള്ളിടത്ത് ഭയമില്ല ഭയമുള്ളിടത്ത് സ്നേഹവുമില്ല ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ഒന്നിച്ചു പോകുന്നത് പലർക്കും ഇതിനെ കുറിച്ചൊരു വ്യക്തതയില്ല പ്രിയപ്പെട്ടവരെ വളരെ വേഗത്തിൽ ഞാൻ ഇങ്ങനെയങ്ങ് പറയാം നമ്മൾ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്നത് നമ്മൾ ഒരു കുട്ടി പാമ്പിനെ പേടിക്കുന്നത് പോലെയോ ഇടിമിന്നലിനെ പേടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മദ്യപനെ കുഞ്ഞു വഴിയിൽ പേടിക്കുന്നത് അങ്ങനെ ഒരു പേ അങ്ങനെ ഒരു പേടിയല്ല ഒരു ഇടിയെ പേടിക്കുന്ന പോലെ അല്ലെങ്കിൽ പാമ്പിനെ പേടിക്കുന്ന പോലെ അങ്ങനെയല്ല നമ്മൾ ദൈവത്തെ പേടിക്കേണ്ടത് പിന്നെന്താ ദൈവഭയം എന്ന് പറയുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന ദൈവത്തെ ഞാൻ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ ചിന്തയിലൂടെ മനോഭാവത്തിലൂടെ ആ ദൈവത്തെ വ്യസനിപ്പിച്ചോ എന്നുള്ള ആരോഗ്യകരമായ ഒരു ഭയം മാത്രമാണ് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ആ ലോകമനുഷ്യർക്കും എന്തുണ്ട് ദൈവത്തെ പേടിയുണ്ട് അയ്യോ ദൈവം എന്തെങ്കിലുമൊക്കെ മഹാമാരി നമുക്ക് അയച്ചു കളയുമോ എന്തെങ്കിലും ആപത്ത് കൊണ്ടുവരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് അവർക്കതൊരു പേടി ദൈവം വിശുദ്ധനായ ദൈവത്തിനു മുമ്പാകെ തങ്ങൾക്ക് നിൽക്കാനൊക്കുന്നില്ല ഇങ്ങനെയൊക്കെയാണ് അവർ കരുതുന്നത് അതുകൊണ്ട് ദൈവം പറയുമ്പോൾ അവർക്കൊരു പേടിയാണ് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവമകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിതാവായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുകയാണ് വേണ്ടത് ആ സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു ഭയം ഉത്ഭവിക്കുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലൊക്കെ പലപ്പോഴും കണ്ടിട്ടില്ലേ ഭർത്താവ് ഭാര്യയെ വളരെ സ്നേഹിക്കുന്നു എന്നാൽ ഏതോ നിമിഷം താൻ എന്തോ ഒരു വാക്ക് പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞ വാക്ക് അവളെ വ്യസനിപ്പിച്ചോ എന്നുള്ള ആരോഗ്യകരമായ ഒരു ഭയം ആ നിലയിലാണ് നമ്മൾ ദൈവത്തെയും ഭയപ്പെടണമെന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമുക്കും ദൈവത്തെ സ്നേഹമാണ് പക്ഷേ എൻ്റെ പ്രവൃത്തിയിലൂടെ ചിന്തയിലൂടെ മനോഭാവത്തിലൂടെ ഒക്കെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ വ്യസനിപ്പിച്ചു പോയോ വ്യസനിപ്പിക്കരുത് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു ആരോഗ്യകരമായ ഭയമാണ് നമുക്ക് വേണ്ടത് അപ്പം ഇങ്ങനെയുള്ള രംഗത്ത് സ്നേഹത്തിനും ഭയത്തിനും ഒന്നിച്ചു നിൽക്കാനൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കാര്യം ദൈവസ്നേഹം ദൈവഭയം ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും ഈ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ ആഴം നമ്മളെ വിളിക്കുന്നു നമ്മളും അതിനോടുള്ള ഒരു പ്രതികരണമായിട്ട് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ അവിടുത്തെ ഉപകാരങ്ങളെ ഓർക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ഈ ദിവസങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പ്രിയമുള്ളവരെ ദൈവത്തെ സ്നേഹിക്കുന്നതിനെ നമ്മൾ പറഞ്ഞത് ദൈവത്തിൻ്റെ സ്നേഹം വന്ന ആഴം ഡപ്ത്ത് നമ്മിൽ നിന്നൊരു ഡെപ്ത്തിനെ നമ്മൾ നിന്നൊരാഴത്തെ സ്നേഹത്തിൻ്റെ ആഴത്തെ ക്ഷണിക്കുന്നു അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ഇതേ വരെ ഇല്ലാത്ത ഒരളവിൽ ഒരു പുതിയ ഡയമെൻഷനിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ കണ്ടെത്താനും അതിനോട് പ്രതികരിക്കാനും ദൈവം ഈ മഹാമാരിയുടെ ഈ സമയത്തെ ഭവനത്തിലൊറ്റയ്ക്കായിരിക്കുന്ന സമയത്തെ നമുക്ക് പ്രയോജനമാക്കിത്തരട്ടെ പ്രിയപ്പെട്ട ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരാളെ സ്നേഹിച്ചാൽ സ്വന്തം സ്വാതന്ത്ര്യത്തേക്കാൾ കവിഞ്ഞ് നമ്മൾ ആ സ്നേഹത്തെ വിലമതിക്കും എന്ന് പറയുന്ന ഒരു ഭാഗം പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ ഒന്നു മുതൽ അതിൻ്റെ ആറു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു എബ്രായ ദാസനെ വിലക്ക് വാങ്ങുന്ന ഒരു യഹൂദനെ അവിടെ പറയുന്നത് അവൻ എബ്രായ ദാസൻ മറ്റ് ലോകജാതിയിൽ നിന്നൊരുത്തനെയല്ല അടിമയായിട്ട് വാങ്ങിച്ചത് മറിച്ച് ഒരു എബ്രായനെ തന്നെയാണ് അവന് അടിമയായിട്ട് വിലക്ക് വാങ്ങിയത് ആ ഇരുപത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഈ വാക്യങ്ങൾ വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് ഒരാൾക്ക് ഒരു എബ്രായദാസനുണ്ടെങ്കിൽ അവനെ എന്തുവേണം ഏഴാമത്തെ സംവത്സരത്തിൽ ഏഴാമത്തെ വർഷം അവനെ സ്വാതന്ത്ര്യനായിട്ട് വിട്ടയക്കണം ലോകത്തിൽ നിന്നുള്ള ഒരു അടിമയെ പോലെയല്ല ഈ അബ്രാഹദാസൻ നമ്മുടെ സ്വന്തം സഹോദരനാണ് അവൻ അവന്റെ കടം കൊണ്ടോ അവൻ്റെ ചില സാമ്പത്തിക പ്രയാസം കൊണ്ടോ അവൻ തന്നെ തന്നെ വിറ്റതാണ് പക്ഷെ അവനെ ആറ് സംവത്സരം മാത്രമേ വേലയ്ക്കായിട്ട് വെക്കാനായിട്ട് ഈ യജമാനന് അവസരം ദൈവം കൊടുക്കുന്നുള്ളൂ ഏഴാം സംവത്സരത്തിൽ അവനെ സ്വാതന്ത്ര്യനായിട്ട് വിട്ടയക്കണം എന്നാൽ ഏഴാം സംവത്സരത്തിൽ അവനെ സ്വാതന്ത്ര്യനായിട്ട് വിട്ടയക്കുമ്പോൾ ഈ ഏഴ് വർഷം കൊണ്ട് ചില കാര്യങ്ങൾ നടന്നു എന്താ ഇവൻ ഈ എബ്രായ ദാസൻ എബ്രായ അടിമ പതുക്കെ പതുക്കെ ഈ വീട്ടിലെ ഒരംഗം പോലെയായി അവൻ എന്ത് ചെയ്തു അവൻ്റെ യജമാനനെ അവൻ സ്നേഹിക്കാനായിട്ട് തുടങ്ങി യജമാനൻ ഈ അടിമയക്ക് ഈ എബ്രാഹ അടിമയ്ക്ക് തന്നെ വീട്ടിലെ മറ്റൊരു ഒരു സ്ത്രീ അടിമയെ ഭാര്യയായിട്ട് കൊടുത്തു ആ അപ്പോ ആ ഭാര്യയിൽ ഇവന് കുഞ്ഞുങ്ങളും ഉണ്ടായി ചുരുക്കത്തിൽ ഏഴുവർഷം കണ്ണടച്ച് തുറക്കുന്നതിനകം അങ്ങ് കഴിഞ്ഞു പോയി ഏഴാം വർഷത്തിൽ യജമാനം വിളിച്ച് നിനക്ക് പോകാം ദൈവോചന ഏഴാം സമ്മത്സരത്തിൽ ഞാൻ നിന്നെ വെറുതെ വിടണം നിന്നെ സ്വതന്ത്രനായിട്ട് വിടണം അതുകൊണ്ട് നിനക്ക് പോകാം എന്ന് പറയുമ്പോൾ ഈ എബ്രായ ദാസിന് വിഷമോ എന്താ അവന്റെ വിഷമം അവന് ഈ വീട് ഇഷ്ടമാണ് ഈ യജമാനനെ ഇഷ്ടമാണ് മാത്രമല്ല ഈ യജമാനൻ തനിക്ക് തന്ന തൻ്റെ ഭാര്യയെയും ആ ഭാര്യയിൽ തനിക്ക് ജനിച്ച കുഞ്ഞുങ്ങളെയും അവൻ സ്നേഹിക്കുന്നു ഇവരെയൊക്കെ വിട്ടേച്ച് സ്വന്ത്രനായിട്ട് പോകാൻ അവൻ താല്പര്യപ്പെടുന്നില്ല അവൻ്റെ ഭാര്യയായ ആ സ്ത്രീയെ യജമാനൻ കൊടുത്തതായത് ആ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് വേണം അവൻ സ്വാതന്ത്ര്യനായിട്ട് പോവാൻ അവൻ അത് ഇഷ്ടമല്ല അവൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു ആ ഭാര്യയിലുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു തൻ്റെ യജമാനെ സ്നേഹിക്കുന്നു ഈ ഭവനത്തെ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഈ എബ്രാഹിദാസിനെ ഏഴാം സംവത്സരത്തിൽ അവനെ സ്വതന്ത്രനായിട്ട് വിടുമ്പം അവൻ തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ എൻ്റെ യജമാനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഭാര്യയെ മക്കളെ സ്നേഹിക്കുന്നു ഞാൻ അതുകൊണ്ട് ഈ വീട് വിട്ട് സ്വതന്ത്രനായിട്ട് പോകയില്ല എന്ന് അവൻ പറഞ്ഞാൽ അതിൻ്റെ ഇരുപത്തി ഒന്നിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ നോക്കുക എന്നവൻ തീർത്തു പറഞ്ഞാൽ ഞാൻ സ്വതന്ത്രനായിട്ട് പോകുകയില്ല എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം ഇവിടാ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്നവൻ പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കഥകിൻ്റെയോ കട്ടിളക്കാലിൻ്റെയോ അടുത്ത് നിർത്തിയിട്ട് സൂചി കൊ സൂചി കൊണ്ട് അവൻ്റെ കാത് കൂത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം കണ്ടോ ഇതാണ് ആജീവനാന്ത ദാസൻ എന്ന് പറയുന്ന ഒരു ക്രമീകരണം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണ് ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലും അതിൻ്റെ അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട് അവൻ വന്ന് അതിൻ്റെ പതിനാറാം വാക്യം നോക്കുക അവൻ വന്ന് യജമാനോട് പറയുക യജമാനെ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ എന്തു ചെയ്യണം അവനെ ഒരു വാതിലിനോട് ചേർത്ത് നിർത്തി അവൻ്റെ വലത്തേ കാത് അവ കാത് കുത്തി തുളയ്ക്കണം ഒരു സൂചിയെടുത്ത് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം അങ്ങനെ കാത് തുളയ്ക്കപ്പെട്ട ദാസനായാൽ അവൻ എന്താണ് അവൻ ആജീവനാന്ത ദാസനാണ് അവൻ പിന്നെ എന്നെന്നും ഈ യജമാനന് ദാസനാണ് അവൻ അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും സ്നേഹിച്ച് യജമാനെ സ്നേഹിച്ച് ആ വീടിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിയും പക്ഷേ ഏഴാം സമ്മത്സരത്തിൽ അവൻ കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനായി മാറണം ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു പ്രമാണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും എന്തു വേണം നമ്മളും ദൈവത്തിനായിട്ട് കാത് തുളയ്ക്കപ്പെട്ടവരായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മള് അടിയറ വെച്ച് സ്നേഹത്തിനായിട്ട് അടിയറ വെച്ച് ദൈവത്തെ വിട്ട് പോകുകയില്ല ദൈമേ ഞാന് ഈ ലോകം പല നിലയിലുള്ള സുഖങ്ങളൊക്കെ കൊണ്ടുവന്ന് എന്നെ മാടി വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഈ വീട് വിട്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ലോകത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകുകയില്ല എന്ന് മാത്രമല്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ഇവിടെയാണുള്ളത് ഇവിടെ നിന്റെ ഈ വീട് ദൈവത്തിന്റെ സഭയായ വീട് ഇവിടെയാണ് എനിക്ക് സുഖം ഇവിടെയാണ് ഞാൻ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഈ കാര്യങ്ങൾ വിട്ടുപോകയില്ല നിന്നെ വിട്ടു പോകയില്ല എന്ന് അതൊരു നിർബന്ധത്തിൻ്റെ പുറത്തല്ല സൊമനസാലെ പറയുന്ന ഒരു എബ്രായ അടിമ അവൻ ആജീവനാന്തദാസനുണ്ട് ആജീവനാന്തദാസൻ എന്നേക്കും ദാസനായിരിക്കണം ബോൺ സെർവൻറ്റ് എന്നുള്ള നിലയിൽ അവൻ യജമാനെ സ്നേഹിച്ച് സേവിച്ച് അവിടെ തുടരണം പ്രിയപ്പെട്ടവരെ നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വമനസ്സാൽ ഈ നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം പോലും അടിയറവെച്ച് ഈ ദൈവത്തെയും ദൈവത്തിൻ്റെ ഭവനമായ സഭയെയും അവിടെ സുഖം കണ്ടെത്തി നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ പ്രതികരണമായിട്ടുണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഈ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നിലയിലുള്ള സുഖങ്ങളെയോ സ്വാധീനങ്ങളെയോ അതിനോട് വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഇവിടെ ആ ഭവനത്തിൽ അവൻ ദാസനാണ് പക്ഷേ അവിടെയാണ് അവന് സുഖമുള്ളത് എന്ന് കണ്ടെത്തി അവനൊരു ആജീവനാന്ത ദാസനായിരിക്കുന്നത് പോലെ നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് അങ്ങനെ ആ നിലയിൽ ഒരു ആജീവനാന്തദാസനായിരിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മൾ കൂടുതൽ അറിയന്തോറുമാണ് നമുക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന റോമർ എട്ട് എട്ടിൽ അതിൻ്റെ ഒടുവിലായിട്ട് അതിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യം നോക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർ ആജീവനാന് ദാസൻ പറയുന്നു എൻറെ യജമാനൻറെ സ്നേഹത്തിൽ നിന്ന് അല്ലെങ്കിൽ യജമാനൻക്ക് എനിക്ക് തന്ന പ്രിയപ്പെട്ടവരിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് പലതും വരുന്നുണ്ട് എന്നാൽ എന്തു ചെയ്യുന്നു അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മുപ്പത്തിയൊൻപതാം വാക്യം ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കണ്ടോ ഇത് ആഴം ആഴത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളും വന്നിരിക്കുകയാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അതിനോടുള്ള നമ്മുടെ പ്രതികരണം ആ പ്രതികരണം എന്താ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാത്തിൽ നിന്നും പൂർണജയം പ്രാപിക്കുന്നു ഏതിൽ നിന്നൊക്കെ ആ പൂർണ്ണ കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാള് ഇടവിടാതെ അറുപ്പാൻ കൊണ്ടുപോകുന്നത് പോലെ നോക്കുക പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത് അറുപ്പാനുള്ള ആടുകളെപ്പോലെ പ്രതിദിനം ആളുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് മഹാമാരിയെ തുടർന്ന് നമുക്കും ഇടവിടാതെ ആളുകൾ കൊല്ലപ്പെടുന്നു അർപ്പാനുള്ള ആടുകളെ പോലെ ഒരു ആടിനെ കശാപ്പ് ചെയ്യുന്നത് പോലെ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ കൊല്ലപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു വലിയ ഉപദ്രവം പട്ടിണിയ നഗ്നത് ആപത്ത് വാള് ഈ ഇങ്ങനെയൊക്കെയുള്ള വലിയ ആ നിലയിലുള്ള പ്രയാസങ്ങളുടെ മുമ്പാകെ എന്തായോൻ പറയുന്നത് പൗലോസ് പറയുന്നു നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആ ആ പറയുന്നത് പോലെ ഞാൻ ഈ യജമാനെ വിട്ടു പോകയില്ല എന്തെല്ലാം സംഭവിച്ചാലും ഈ കാര്യങ്ങളൊക്കെ എന്നെ കൂടുതൽ യജമാനെയും എനിക്ക് തന്നവരെയും സ്നേഹിക്കാൻ മാത്രമേ എന്നെ പ്രേരിപ്പിക്കുള്ളൂ ഇതിൽ നിന്ന് വേർപിടിപ്പിക്കാൻ ഇതിനൊന്നും കഴിയുകയില്ല ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം പോലും ഇതിനായിട്ട് അടിയറവയ്ക്കും എന്ന് പറയുന്ന ആ എബ്രായ ദാസനെ പോലെ നമുക്കായിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ യജമാനനെയും യജമാനൻ തനിക്ക് തന്നിട്ടുള്ളവരെയും സ്നേഹിക്കൊണ്ട് കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനായി നിൽക്കുന്ന ഒരു ആളുടെ അനുഭവമാണ് നമ്മൾ പുറപ്പാട് ദിവസം ഇരുപത്തി ഒന്നിൽ നിന്നും ആവർത്തനം പതിനഞ്ചിൽ നിന്നും നമ്മൾ വായിച്ചത് ഇത് നമ്മളോട് തന്നെ ചേർത്താണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെന്താ പറയുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ഈ യജമാനെ ഞാൻ വിട്ടു പോകേയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നമ്മളെയാണ് ആ എബ്രായ ദാസൻ്റെ ഭാഗത്ത് നമ്മളെ ചിന്തിക്കുന്നത് എന്നാൽ നമ്മൾ ബൈബിള് ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു വാക്യം നമ്മളെ അത്ഭുതപ്പെടുത്തും ഇതിൻ്റെ ഒരു മറുവശം നമുക്ക് കാണാനായിട്ട് കഴിയും ആ കാര്യം കൂടെ വളരെ വേഗത്തിൽ പറഞ്ഞ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നതാകിയാൽ അതിനെക്കുറിച്ച് കൂടെ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ചിന്തകൾക്ക് നമുക്ക് വിരാമം ഇടാം എന്നാണ് കരുതുന്നത് പ്രിയപ്പെട്ടവർ നമ്മളിപ്പോൾ വായിച്ച നമ്മൾ തുടക്കത്തിൽ വായിച്ച നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണല്ലോ എന്നാൽ അതിൻ്റെ നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം നാൽപ്പതാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം കണ്ടോ അതിൻ്റെ അവിടെ ഏർ അതിൻ്റെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ചെവിയെ തുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ വായിച്ചത് അതിൻ്റെ അർത്ഥം നമ്മൾ ആ കാര്യത്തിന് വേണ്ടി പൂർണമായിട്ട് സമർപ്പിച്ചിരിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം പോലും വേണ്ടെന്ന് വെച്ച് ഈ സ്നേഹത്തിൻ്റെ മുൻപാകെ നമ്മൾ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നതാണ് ചെവികളെ തുളയ്ക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ആ എബ്രാഹദാസിനെ പോലെ നമ്മൾ നമ്മുടെ ചെവികളെ തുളച്ചതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും പക്ഷേ ഈ സങ്കീർത്തനത്തിലെ വചനത്തെ വചനത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പം ഇവിടെ ചെവികളെ തുളച്ചിരിക്കുന്ന ചെവിയെ തുളച്ചിരിക്കുന്ന ആ ദാസെന്നു പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഭാഗം എബ്രായർ കെഴുതിയ ലേഖനം പത്താം അധ്യായം അതിൻ്റെ അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട് ഈ ഭാഗം ഹന്നിയാകും ഭോജനയാകും നീ ഇച്ഛിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു ഹോമയാകവും പാപയാകവും പുസ്തക ചുഴലിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമെ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ആറു മുതല് ആറു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളുടെ ഒരു ചുരുക്കം എബ്രായർക്ക് എഴുതിയ ലേഖനം പത്താമധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആകയാൽ അവിടുന്ന് ലോകത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ലോകത്തിലേക്ക് വരുമ്പോൾ പുസ്തക ചൂടുകൾ എഴുതിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞ ഈ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം നമ്മളിപ്പോൾ വായിച്ച നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനം അതിൻ്റെ നാൽപ്പതാം സങ്കീർത്തനത്തിൽ നമ്മളിപ്പോൾ വായിച്ചിടത്ത് നിന്ന് നമ്മൾ കണ്ട അതേ വാക്യം അതിൻ്റെ ആറാമത്തെ വാക്യം ഒക്കെ എടുത്ത് കർത്താവായി യേശുവിനെക്കുറിച്ച് പറയുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുക കർത്താവായി യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുന്ന് എൻ്റെ ചെവികളെ തുറക്കുന്നു ഓപ്പൺ ഓപ്പണിംഗ് മൈ ഇയേഴ്സ് എന്നാണ് ചിലപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് എന്നാൽ നമ്മളതിൻ്റെ മൂലഭാഷയിലേക്ക് പഴയ നിയമം എഴുതിയിട്ടുള്ളത് എബ്രാഹിം ഭാഷയിലാണല്ലോ എബ്രാഹിം ഭാഷയിൽ അത് തുറക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ തുളയ്ക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ചേർന്ന് പോകുന്നത് ഭാഷയിൽ കോറ എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അതിൻ്റെ അർത്ഥം തുറക്കാനായിട്ട് കുത്തി തുളയ്ക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ ചെവികളെ തുളച്ചിരിക്കുന്നു എന്ന വാക്ക് തന്നെയാണ് ഇംഗ്ലീഷിനേക്കാൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കുറച്ചുകൂടെ അർത്ഥവത്തായിട്ടുള്ളത് ഇതപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് കർത്താവായി യേശു പറഞ്ഞിരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു തുളയ്ക്കപ്പെട്ട ഒരു ദാസനാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ മറുവശമാണിത് കർത്താവ് ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പറയുന്ന സങ്കീർത്തനത്തിലൊക്കെ കർത്താവിൻ്റെ കൈകളും കാലുകളും തുളച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇവിടെ ഇപ്പൊ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ നാൽപ്പതാം സങ്കീർത്തനത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ കാതുകളെ തുളച്ചു എന്ന് പറയുമ്പോ അത് ഈ പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിലും ആവർത്തനം പതിനഞ്ചിലും നമ്മൾ കണ്ട ആജന്മ അടിമയെ കാത് തുളയ്ക്കുന്ന അതിനോട് ചേർത്ത് വേണം നമുക്ക് ചിന്തിക്കാൻ നീ നിന്റെ കാതുകളെ തുളച്ചിരിക്കുന്നു അത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു കർത്താവ് എന്തുകൊണ്ടാ തൻ്റെ കാതുകളെ തുളച്ച് ഒരു ആ നിലയിൽ തൻ്റെ സ്വാതന്ത്ര്യം അടിയറവയ്ക്കാനായിട്ട് താന് തയ്യാറായത് എന്തുകൊണ്ടാ നമ്മള് ആ എബ്രായ ദാസൻ അവനെ എന്തുകൊണ്ടാണ് അവൻ ആ വീട്ടിൽ നിൽക്കാൻ താല്പര്യപ്പെട്ടത് ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ യജമാനെ സ്നേഹിക്കുന്നു ഞാൻ ഈ വീടിനെ സ്നേഹിക്കുന്നു കണ്ടോ കർത്താവായും തൻ്റെ കാന്തയെ സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ സഭയാണ് അവിടുത്തെ കാന്ത നമ്മൾ ഓരോരുത്തരുമാണ് അവിടുത്തെ കാന്ത ആ കാന്തയായ നമ്മെ സ്നേഹിച്ച് അവിടുന്ന് എന്ത് എന്ത് ചെയ്തു അവിടുന്ന് തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു ഫിലിപ്പിർ കീഴിലെ ലേഖനത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കാറുള്ളതാണ് രണ്ടാമധ്യായത്തിന്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാറുള്ളതാണ് എന്താണ് കർത്താവിനെ അതിനെ പ്രേരിപ്പിച്ചത് പ്രേരിപ്പിച്ചത് ആ അടിമ പറയുക എൻ്റെ ഭാര്യ ഇവിടെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ വിട്ടു പോകയില്ല എന്ന് പറഞ്ഞ തൻ്റെ സ്വാതന്ത്ര്യത്തെ അടിയറ വെച്ച് ആ ഭാര്യയോടൊത്ത് താമസിക്കാൻ വേണ്ടി താൻ കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനായി തീർന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്നേഹിച്ച് ഈ ഒരു രക്ഷാകര ദൗത്യത്തിനായിട്ട് തന്നെ താൻ അതിനായിട്ട് അങ് കൊടുത്തു കണ്ടോ ഇതിനു വേണ്ടി ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ തന്നെ വേർതിരിച്ചു ഓ താൻ ഭൂമിയിലേക്ക് വന്നു ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും നമ്മെ ചേർക്കാൻ വീണ്ടും വരും തൻ്റെ ജീവിതം മുഴുവൻ ഈ ഒരു കാര്യത്തിനു വേണ്ടി അങ് അടിയറ വച്ചു അങ്ങനെ കാതു തുളയ്ക്കപ്പെട്ട ഒരു ദാസനായിട്ട് യേശു ആയിരിക്കുന്നു എന്തിനു വേണ്ടി സഹോദര സഹോദരി കാന്തയെ സഫയെ സ്നേഹിച്ചതിനാൽ സഫയെന്ന് പറയുന്നത് ആരാണ് ഞാനും നിങ്ങളുമാണ് നമ്മളെ സ്നേഹിച്ചാണ് കർത്താവ് കാതു തുളയ്ക്കപ്പെട്ട ദാസനായി തീർന്നത് എന്ന് നമ്മൾ കാണുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ അല്ലേ നമ്മൾ കാണുന്നത് ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ കാണിക്കു കാണുമ്പോൾ ആ ആഴം ആഴം ആഴത്തെ വിളിക്കുന്നു നമ്മൾ നിന്നൊരു സ്നേഹത്തിൻ്റെ ആഴത്തെ അത് ക്ഷണിക്കുന്നുണ്ട് നമ്മൾ ഈ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് വേണ്ടി അവിടുന്ന് ആയിത്തീർന്നത് ഒക്കെ മനസ്സിലാക്കുമ്പോഴാണ് അവിടുന്ന് ദൈവത്തെ നമ്മൾ പല നിലയിൽ നമുക്ക് വേണ്ടി അടിയേറ്റു കൈയും കാലും തുളയ്ക്കപ്പെട്ടു ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ കയ്യും കാലം തുളയ്ക്കപ്പെട്ടത് മാത്രമല്ല അവിടുന്ന് കാതും തുളയ്ക്കപ്പെട്ടു കാത് തുളയ്ക്കപ്പെട്ട ദാസനായി തീർന്നു എന്തിനു നമ്മളെ സ്നേഹിച്ചു അങ്ങനെയാണ് അവിടുന്ന് കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനായി തീർന്നത് എന്ന് കാണുമ്പോൾ നമുക്കത് എത്ര വലിയ ഒരു സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് നമുക്ക് തരുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാക്യം ഒന്ന് കോരിന്തിയർ അതിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒന്ന് കൊരിഞ്ചർ അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ക്ഷമിക്കണം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും നമ്മുടെ കർത്താവ് വരുന്നു കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശരിയല്ലേ ഇങ്ങനെ നമുക്ക് വേണ്ടി കാതു തുളയ്ക്കപ്പെട്ട ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും നമുക്ക് വേണ്ടി വലിയ ഉപകാരങ്ങൾ ചെയ്യുന്ന നമ്മെ ഈ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് കാക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുമ്പോൾ ആ സ്നേഹത്തിലൂടെയാണ് നാം എല്ലാത്തിലും പൂർണ്ണ ജയം പ്രാപിക്കുന്നത് അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാം കർത്താവിനെ ഭയപ്പെടണം പക്ഷെ അതൊരു ആരോഗ്യകരമായ ഭയമാണ് എന്നെ ഈ എനിക്ക് വേണ്ടി ഈ നിലയിൽ താണുവന്ന കർത്താവിനെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും മനോഭാവം കൊണ്ടും വ്യസനിപ്പിക്കുമോ എന്നുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ഭയം വേണം നമ്മളെ നയിക്കാൻ അല്ലാതെ ലോകമനുഷ്യർ ദൈവത്തെ പേടിക്കുന്ന പോലെ പാമ്പിനെ പേടിക്കുന്ന പോലെയല്ല നമ്മൾ ദൈവത്തെ പേടിക്കേണ്ടത് അതുകൊണ്ടിവിടെ പൗലോസ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുമ്പം കുരിന്യർക്കുള്ള ഒന്നാം ലേഖനം അവസാനിപ്പിക്കുമ്പം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശവിക്കപ്പെട്ടവൻ നമ്മുടെ കർത്താവ് ഇത് പൗലോസ് രണ്ട് ഗ്രീക്ക് വാക്കുകളാണ് ഉപയോഗിച്ചത് എന്നാണ് കേട്ടിട്ടുള്ളത് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശവിക്കപ്പെട്ടവൻ അനാഥാമ നമ്മുടെ കർത്താവ് വരുന്നു മാറാ കണ്ടോ രണ്ടു വാക്കുകളാണ് കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശവിക്കപ്പെട്ടവൻ മലയാളത്തിൽ നാല് വാക്കിൽ കിടക്കുന്നത് ഗ്രീക്കിൽ ഒരൊറ്റ വാക്ക അനാഥാമ അനാഥാമ അതിന്റെ അർത്ഥം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശവിക്കപ്പെട്ടവൻ അതിനോട് ചേർത്ത് തന്ന പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു മാറാ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിലെ സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണല്ലോ ആ വരവിനെ വിളിച്ചറിയിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വരുന്നു എന്നതിനോട് ചേർത്ത് ദൈവോചനം രേഖപ്പെടുത്തുന്നത് എന്താ കർത്താവിനെ സ്നേഹിക്കണമെന്നുള്ള കാര്യം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശമിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കണം എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് വരുന്നു കർത്താവിൻ്റെ വരവ് ഇത്രയും അടുത്തു എന്ന് ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നവരാകാം ആ സ്നേഹം എങ്ങനെയാ നമുക്ക് നമ്മൾ നിന്ന് ഉയർന്നു വരാൻ കഴിയുന്നത് ആഴം ആഴത്തെ വിളിക്കുന്നു കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുക ആ സ്നേഹത്തിന്റെ ആഴത്തെ മനസ്സിലാക്കുക ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം അവിടുന്ന് കാതു തുളയ്ക്കപ്പെട്ട ദാസനായി നമുക്ക് വേണ്ടി ആയിത്തീർന്നു അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു ആഴം കർത്താവിനായിട്ടുണ്ടാവും